ീസീതണ ഭരതശത്രുഘ്ന അനുമത്സമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ ഹരിയം എല്ലാവർക്കും നമസ്കാരം വിശ്വസാഹിത്യത്തിൽ ആദികാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന രാമായണ കഥ ഏവർക്കും സുപരിചിതമാണ് എന്നാൽ രാമായണ കഥയുടെ അന്തരാർത്ഥം മനസ്സിലാകാത്തതിനാൽ പല സംശയങ്ങൾ ജനങ്ങളിൽ ഇന്നും ബാക്കി നിൽക്കുന്നു സംശയദൂരീകരണത്തിനുള്ള ഒരേ ഒരു പോംവഴി കഥയുടെ അന്തരാർത്ഥം ഗ്രഹിക്കുക എന്നുള്ളതാണ് ആചാര്യന്മാർ പല കാലങ്ങളിലായി ജനങ്ങൾക്ക് ഈ രഹസ്യം പറഞ്ഞുകൊടുത്തിട്ടുണ്ട് വിവേകാനന്ദ സ്വാമികൾ രാമായണത്തെ അധികരിച്ച് അമേരിക്കയിൽ നടത്തിയ പ്രസംഗം രാമകഥയെ തത്വവിചാരത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് തുടർന്നുവന്ന ആചാര്യന്മാരായ ചിന്മയാനന്ദ സ്വാമികളും രംഗനാഥാനന്ദ സ്വാമികളും മറ്റും ഇത്തരം പ്രഭാഷണങ്ങൾ പല അവസരങ്ങളിലായി പല വേദികളിൽ നടത്തിയിട്ടുണ്ട് കൂടാതെ നിർമ്മലാനന്ദഗിരി സ്വാമികൾ രാമായണ തത്വം സംഗ്രഹിച്ച് പ്രഭാഷണ രൂപത്തിലും പുസ്തകരൂപത്തിലും കൈരളിക്ക് സമർപ്പിച്ചിട്ടുണ്ട് മറ്റു പല ആധ്യാത്മിക ആചാര്യന്മാരും ഗൃഹസ്ഥാശ്രമികളും രാമകഥയെ ആസ്പദമാക്കി നാടകങ്ങളും കവിതകളും ലേഖനങ്ങളും വ്യാഖ്യാനങ്ങളും നടത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും സംശയങ്ങൾ അവിടവിടെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു രാമായണ തത്വം പൂർണ്ണമായും ശബ്ദരേഖാരൂപത്തിൽ തയ്യാറാക്കിയാൽ അത് ഏവർക്കും ഏറെ ഉപകരിക്കും എന്ന് മനസ്സിലായതിനാലാണ് സ്കൂൾ ഓഫ് ഭഗവത്ഗീത ഇത്തരം ഒരു ഉദ്യമത്തിന് തയ്യാറായത് ഞങ്ങളിവിടെ തയ്യാറാക്കിയ തത്വമെന്ന ഈ ശബ്ദരേഖ സമ്പൂജ്യ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളുടെ രാമായണ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഭാഗവതജ്ഞാനയജ്ഞങ്ങളിലൂടെയും മറ്റും മലയാളികൾക്ക് സുപരിചിതനാണ് സ്വാമിജി പൂജ്യ സ്വാമിജി ശരീരത്തോടുകൂടി നമ്മോടൊപ്പം ഇന്നില്ലെങ്കിലും സ്വാമിജി അനുഷ്ഠിച്ച തപസ് എക്കാലവും ലോകത്തെ അനുഗ്രഹിക്കാൻ പോന്നതാണ് തപോനിഷ്ഠനായ സ്വാമിജിയുടെ വാക്കുകളും ആശയങ്ങളും എന്നും നിലനിൽക്കും സ്വാമിജിയുടെ തപസ്സിനു മുന്നിൽ ഒപ്പം മുഴുവൻ ഗുരുപരമ്പരയുടെയും പാതാരവിന്ദിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടുകൂടി രാമായണ തത്വം എന്ന ഈ ശബ്ദരേഖ ശ്രദ്ധയോടെ സാദരം സാധകലോകത്തിന് സമർപ്പിക്കുന്നു ശബ്ദം നൽകി രാമായണ തത്വത്തെ സമ്പുഷ്ടമാക്കിയ ഭാഗ്യലക്ഷ്മിക്കും പ്രൊഫസർ അലിയാർക്കും രാമായണ ശ്ലോകങ്ങൾ മധുരമായി ചൊല്ലിയ കാവാലം ശ്രീകുമാറിനും ഈ സതുദ്യമത്തിൽ പങ്കാളികളായ ഏവർക്കും സർവവിധ ശ്രേയസ്വം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹരിയോ നമസ്കാരം രാമായണ തത്വം പുരഗിരിസംഭൂത ശ്രീരാമാർണവസ അധ്യാത്മരാമ ഗംഗേയം പുരഗിരി സംഭൂത ശ്രീരാമാർന്ന വസങ്കഥ അധ്യാത്മരാമഗങ്കേയും പുനാദിഭുവനത്രയം ശ്രീപരമേശ്വരനാകുന്ന ഹിമാലയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് കീഴ്പോട്ടൊഴുകി വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്ന ധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി മൂന്ന് ലോകത്തെയും ശുദ്ധീകരിക്കുന്നു എന്നുള്ള ഈ പ്രതിപാദനം അധ്യാത്മരാമായ വാൽമീകി രാമായണവും തമ്മിലുള്ള സംബന്ധത്തെയും വ്യത്യാസത്തെയും വ്യക്തമായി ഉപന്യസിക്കുന്നു നദികളൊക്കെ സമുദ്രത്തിൽ നിന്നാണുണ്ടാവുന്നത് സമുദ്രജലം നീരാവിയായി മേലോട്ടു പൊന്തി മേഘമായി തണുത്ത് കട്ടപിടിച്ച് വായുവിലങ്ങിങ്ങ് പാറിക്കളിച്ച് തമ്മിൽ കൂട്ടിമുട്ടി വർഷമായി പതിച്ചൊഴുകിയിട്ടാണ് സമുദ്രത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നദികളുടെ ഒഴുക്ക് അവസാനം സമുദ്രത്തിൽ കൂടി ചേർന്ന് സമുദ്രമായി തീരുകയും ചെയ്യുന്നു എല്ലാ നദികളുടെയും ചരിത്രം ഇതാണ് ഗംഗാനദിയുടെ പ്രത്യേകിച്ചും ആദ്യാവസാനം സമുദ്ര സ്വരൂപങ്ങളാണ് നദികളെങ്കിലും സമുദ്രത്തേക്കാൾ ശ്രേഷ്ഠവും ഉപയോഗയോഗ്യവുമാണ് നദി നദീജലം ശുദ്ധവും സ്നാനപാന സമുദ്രം അപാരമാണ് എങ്കിലും ജലം പാനയോഗ്യമല്ല സമുദ്രജലം തന്നെയാണ് നദിയായി പരിണമിച്ചിരിക്കുന്നതെന്നിരുന്നാലും സമുദ്രജലത്തിൽ നിന്ന് കുറെ വെട്ടിത്തിരിച്ച് മറ്റൊരു ചാലിൽ കൂടെ ഒഴുക്കിയതുകൊണ്ട് നദിയാവുന്നില്ല അതിനൊരു പ്രത്യേക സംസ്കാരം വേണം ഇതുപോലെ അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി വാത്മീകി സമുദ്രത്തിൽ നിന്നാണ് പുറപ്പെട്ടത് അതിൽ തന്നെയാണ് ലയിക്കുന്നതും അപാരമാണ് വാൽമീകി രാമായണം അല്പമാണ് അധ്യാത്മരാമായണം എങ്കിലും ശ്രേഷ്ഠത കൂടും വർണ്ണനങ്ങളെക്കൊണ്ട് അപാരമാണ് വാൽമീകി രാമായണം തത്വവിചാരം കൊണ്ടും ഭക്തിപ്രകടനം കൊണ്ടും സുന്ദരമാണ് അധ്യാത്മരാമായണം ഈ കാരണത്താൽ വാൽമീകി രാമായണം ഒരാളെ രസിപ്പിക്കുമ്പോൾ അധ്യാത്മരാമായണം ജീവനെ ശുദ്ധീകരിക്കുന്നു ഇതാണ് വാൽമീകി രാമായണവും അധ്യാത്മരാമായണവും തമ്മിലുള്ള സംബന്ധവും വ്യത്യാസവും അതിനാൽ വാൽമീകി രാമായണത്തെയല്ല അധ്യാത്മരാമായാണ് ഇവിടെ തത്വ നിരൂപണ സ്വരൂപേണ് പ്രകാശിപ്പിക്കാൻ പോകുന്നത് ശ്രീ വാൽമീകി മഹർഷിയാണല്ലോ രാമായണത്തിന്റെ ആചാര്യൻ തമസാനദീതീരത്തായിരുന്നു അദ്ദേഹത്തിന്റെ പുണ്യാശ്രമം തപസും സ്വാധ്യായവും ബ്രഹ്മനിഷ്ഠയുമായി അവിടെ കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ദിവസം പതിവുപോലെ നദിയിലേക്ക് സന്ധ്യാവന്തനത്തിന് പോയതായിരുന്നു അവിടെ വെച്ചൊരനിഷ്ട സംഭവം കാണാനിടയായി ദാമ്പത്യലീല ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ക്രൌഞ്ച പക്ഷികളിൽ ഒന്നിനെ പതിയിരുന്ന കാട്ടാളൻ ഒരു ശരം കൊണ്ട് കൊന്നുവീഴ്ത്തി ആൺപക്ഷി ചത്തുവീണപ്പോൾ പെൺപക്ഷി സങ്കടം സഹിക്കാതെ ദയനീയമാകും വണ്ണം നിലവിളിക്കുകയും ചിറകിട്ടടിക്കുകയും ചെയ്തു ദുഃഖപരവശയായ ആ സാധുപക്ഷിയുടെ ദയനീയ അവസ്ഥയെ കണ്ട് വാൽമീകി മഹർഷിയുടെ മനസ്സലിഞ്ഞു അദ്ദേഹം അറിയാതെ തന്നെ ഏതോ ഒരു ദിവ്യശക്തിയാൽ പ്രചോദിതനായി ആ കാട്ടാളനെ ശപിക്കുന്ന തരത്തിലുള്ള ഒരു വാക്ക് അദ്ദേഹത്തിന്റെ നാവിൽ കൂടി പുറത്തുവന്നു അത് ശ്ലോകരൂപത്തിലുമായിരുന്നു അതുവരെയും ഇല്ലാത്തതും അപ്പോൾ പുതുതായി ആരംഭിച്ചതുമാണ് ശ്ലോകഘടന അക്ഷരസമൂഹത്തെ വൃത്തനിബന്ധനയിലൊതുക്കി ആശയെ വെളിപ്പെടുത്തലാണല്ലോ ശ്ലോകത്തിന്റെ രൂപം ഈ സമ്പ്രദായം ആദ്യം തന്നെ ലോകത്തിൽ പ്രകടമായി തീർന്നത് വാൽമീകിയിൽ കൂടിയാണ് വാൽമീകിയിൽ കൂടെ ഒന്നാമതായി പുറപ്പെട്ട പ്രസ്തുത ശ്ലോകം കാട്ടാളനെ ശപിക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിലും അതേസമയത്ത് ശ്രീരാമചന്ദ്ര സ്വരൂപിയായ ഭഗവാന് ഒരാശംസയുമായിരുന്നു മാഷാദ പ്രതിഷ്ഠ ത്വമഗമ ശാശ്വതീ സമാക്രൗജമിഥുനാധി കാമ ഇതാണ് പ്രസിദ്ധമായ പ്രസ്തുത ശ്ലോകം ക്രൗഞ്ചമിഥുനത്തിൽ നിന്ന് കാമമോഹിതമായ ഒന്നിനെ കൊന്ന് പെൺപക്ഷിയെ ദുഃഖിപ്പിച്ചതുകൊണ്ട് അല്ലയോ കാട്ടാള നീ നശിച്ചുപോ ഇതാണ് ശാപസ്വരൂപമായ അർത്ഥം ക്രൗഞ്ചമിഥുനത്തിൽ നിന്ന് കാമമോഹിതമായ ഒന്നിനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചതുകൊണ്ട് അല്ലയോ ലക്ഷ്മീവല്ലഭനായ ശ്രീരാമചന്ദ്ര അവിടുന്ന് എന്നും ജീവിച്ചിരിക്കട്ടെ ഇതാണ് അനുഗ്രഹസ്വരൂപമായ അർത്ഥം ആദ്യത്തേതിൽ ക്രൗഞ്ചമിഥനത്തിന് ക്രൗഞ്ചപക്ഷികളുടെ യുഗ്മെന്നും രണ്ടാമത്തേതിൽ മണ്ടോദരീ രാവണന്മാരാകുന്ന രാക്ഷസ ദമ്പതികളെന്നും അർത്ഥമാണ് കാമമോഹിതനായ രാവണനെ കൊന്ന് ലോകത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ രാമായണസാരം മിക്കവാറും ഒതുങ്ങിയതായി കരുതാം ഏതായാലും ഈ ശ്ലോകമാണ് രാമായണമാകുന്ന മഹാവൃക്ഷത്തിന്റെ വിത്ത് ഇത് പൊട്ടിമുളച്ച് പടർന്നു പിടിച്ചിട്ടാണ് ഇന്ന് നാം കാണുന്ന രാമായണ വൃക്ഷങ്ങളൊക്കെ ഉണ്ടായത് രാമായണ കൃഷിക്കുള്ള ഈ ആദി വാൽമീകിക്കാണ് കിട്ടിയതെന്ന കാരണത്താൽ ആദ്യത്തെ കൃഷിക്കാരൻ അദ്ദേഹം തന്നെയായി അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിത്തുകൊണ്ടാണ് പിന്നീട് മറ്റുള്ളവർ കൃഷി ചെയ്തത് സന്ധ്യാവന്തനവും കാട്ടാളനെ ശപിക്കലും കഴിഞ്ഞ് മഹർഷി തന്റെ ആശ്രമത്തിൽ മടങ്ങിയെത്തിയപ്പോഴേക്ക് ജഗത്തിന്റെ സൃഷ്ടികർത്താവും വേദസ്വരൂപനുമായ ബ്രഹ്മദേവൻ വാൽമീകിയെ കാണാൻ വേണ്ടി അവിടേക്കെഴുന്നള്ളി വാൽമീകിക്ക് അത്ഭുതമായി ദേവശ്രേഷ്ഠനായ ഹിരണ്യഗർഭൻ തന്നെ കാണാൻ വേണ്ടി തന്റെ ആശ്രമത്തിലേക്ക് എഴുന്നള്ളുകയെന്നാൽ ഇതെന്തൊരു കഥയാണ് ഏതായാലും വാൽമീകി മഹർഷി പരിഭ്രമിച്ചു വേഗത്തിൽ അദ്ദേഹത്തെ വേണ്ടപോലെ പൂജിച്ചു വന്നിച്ചു ബ്രഹ്മദേവൻ വാൽമീകി കാട്ടാളനെ ശപിച്ച ശ്ലോകത്തിലൊതുങ്ങിയ രാമായണാർത്ഥത്തെ പ്രകാശിപ്പിച്ച് അതിനെ വിസ്തരിച്ചുപന്യസിക്കാൻ നിർദ്ദേശിച്ച് വാൽമീകിയെ അനുഗ്രഹിച്ച് അന്തർദാനവും ചെയ്തു ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം വാൽമീകി മഹർഷി സമാഹിത ചിത്തനായി രാമായണ സമാധിയിൽ കൂടി ദർശിച്ച് തനിക്കറിയാൻ കഴിഞ്ഞതിനെ പുറമേക്ക് പ്രകാശിപ്പിച്ചു അതാണ് ആദിരാമായ അയോധ്യാകാന്ഡം ആരണ്യകാന്ഠം കിഷ്കിന്ദാകാന് സുന്ദരകാന്ഡം യുദ്ധകാന് ഇങ്ങനെ കൂടി ആകെ ശ്ലോകങ്ങളുമായിട്ടാണ് വാൽമീകി മഹർഷിയുടെ രാമായണത്തിന്റെ ആവിഷ്കരണം ശ്രീപരമേശ്വരൻ പാർവതിക്കുപദേശിക്കുന്ന സ്വരൂപത്തിലാണ് അധ്യാത്മരാമായണം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ ആചാര്യൻ ശ്രീപരമേശ്വരനാണെന്ന് വ്യക്തമായി എന്നാൽ ഗ്രന്ഥത്തിന്റെ പ്രണേതാവ് ആരെന്ന വിഷയത്തിൽ പലരുടെയും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കുഴഞ്ഞു മറിഞ്ഞുകിടക്കുകയാണ് അധ്യാത്മരാമായണത്തിന്റെയും കർത്താവ് ശ്രീ വേദവ്യാസ മഹർഷി തന്നെയാണെന്നാണ് വിദ്വാൻമാരുടെ ഇടയിൽ ഭൂരിപക്ഷമായ അഭിപ്രായം അല്ലെങ്കിൽ ഗ്രന്ഥത്തെ രചിച്ച കവിയെക്കുറിച്ചുള്ള അന്വേഷണമല്ല ഗ്രന്ഥ പ്രതിപാദിത വിഷയമാണല്ലോ ഓരോരുത്തർക്കും ആവശ്യമായിട്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കതിലേക്ക് കിടക്കാം ം ശ്ലോകങ്ങളെക്കൊണ്ട് വാൽമീകി രാമായണം എന്ന പോലെ ഏഴ് കാണ്ഠങ്ങളായി ഗ്രഥിക്കപ്പെട്ടതാണ് മിക്കവാറും വാൽമീകി എല്ലാ കഥകളെയും അധ്യാത്മരാമായണവും സ്പർശിച്ചിട്ടുണ്ട് ദുർലഭം ചിലതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്ന് മാത്രം എന്നാൽ പ്രകൃതി സൌന്ദര്യത്തിന്റെ വർണ്ണനം വാൽമീകി അപേക്ഷിച്ച് മുഴുവൻ തന്നെയും തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്ന് പറയണം എന്നാൽ ആത്മസൌന്ദര്യത്തെ പറയാവുന്നിടത്തോളം പറഞ്ഞിട്ടുമുണ്ട് ആത്മീയ മാർഗത്തിൽ ഏറ്റവും സുന്ദരമായൊരു പുതിയ വെളിച്ചം പരത്തിയിട്ടുണ്ട് അധ്യാത്മരാമായ പറയണം കെട്ടുറപ്പുള്ള കഥാഘടനയിൽ കൂടെ യുക്തിപൂർവമായ തത്വവിചാരം കൊണ്ടും ചിത്തത്തിന്റെ അടിയിലേക്ക് ആഞ്ഞിറങ്ങുന്ന ഭക്തിപ്രകടനം കൊണ്ടും സാധകന്മാരുടെ മനസ്സിനെ പൂർണ്ണമായും ആകർഷിക്കുന്നുണ്ട് അധ്യാത്മരാമായണം അതിനാൽ അതൊരു ഹൃദയസ്പർശിയായ വേദാന്ത ഗ്രന്ഥമെന്നോ ഭക്തിശാസ്ത്രമെന്നോ പറഞ്ഞാൽ തെറ്റില്ല ആകൃതികൊണ്ട് കേവലം ഇതിഹാസമാണെങ്കിലും ഇതിഹാസത്തിന്റേതിൽ നിന്ന് എത്രയോ ഉയർന്നതായ സ്ഥാനം കൈവരാനുള്ള കാരണവും അത് തന്നെ കേട്ടുകേൾവിയുള്ള കഥകളിൽ കൂടെ തത്വങ്ങളുടെ ആവിഷ്കരണവും സമർത്ഥനവുമാണല്ലോ ഇതിഹാസത്തിന്റെ രൂപം ആ കാര്യം സമർത്ഥമാംവണ്ണം നിർവഹിച്ച ഗ്രന്ഥങ്ങൾ വേറെയുമുണ്ട് എന്നാൽ അവയ്ക്കൊന്നും രാമായണത്തിന്റെ സ്ഥാനമില്ല അതിന്റെ കാരണവും ആദ്യം പറഞ്ഞത് മനുഷ്യന്റെ ധർമ്മനിഷ്ഠയാകുന്ന ഉള്ളിൽ ഈശ്വരനെ ഒതുക്കി നിർത്തുകയെന്ന അത്ഭുത രാമായണത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ ശ്രീരാമന്റെ സത്യനിഷ്ഠ ഏകപത്നിവ്രതം എന്നിവ അതിനുദാഹരണങ്ങളാണ് വാൽമീകി രാമായണം ആദർശവാനായ ഒരു ഉത്തമ മനുഷ്യനായി രാമനെ ചിത്രീകരിക്കുമ്പോൾ അധ്യാത്മരാമായണം ശ്രീരാമനെ സാക്ഷാൽ ഈശ്വരനായി കാണിച്ചു തരുന്നു രാമായണം ഈശ്വരനെ മനുഷ്യനായി തരംതാഴ്ത്തുമ്പോൾ അധ്യാത്മരാമായണം മനുഷ്യനെ ഈശ്വരനാക്കി ഉയർത്തുന്നു ഇതാണ് രണ്ടും തമ്മിലുള്ള മുഖ്യമായ വ്യത്യാസവും ഈശ്വരൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരലല്ല മനുഷ്യൻ ഈശ്വരങ്കിലേക്ക് ഉയരലാണ് ഒരാൾക്ക് ആവശ്യം അതായത് ഈശ്വരൻ മനുഷ്യനെപ്പോലെ ആയിത്തീരലല്ല മനുഷ്യൻ ഈശ്വരനെപ്പോലെ ആയിത്തീരലാണ് ആവശ്യം അതാണ് അധ്യാത്മരാമായണം നിർവഹിക്കുന്നത് ഈ വസ്തുത രാമായണത്തിൽ പലയിടത്തും വ്യക്തമാക്കിയിട്ടുണ്ട് അത് അതിനുള്ളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും കൂടാതെ പലതരത്തിലുള്ള പാത്രങ്ങളിൽ കൂടെ ജീവനും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ പല സ്വരൂപത്തിൽ ചിത്രീകരിച്ച് ഇത്രയും സുന്ദരമായൊരു അധ്യാത്മിക ഗ്രന്ഥം മറ്റൊന്നുണ്ടോ എന്നുപോലും സംശയമാണ് ബന്ധുവായും സ്നേഹിതനായും വൃത്യനായും ഭക്തനായും ശത്രുവായുമൊക്കെ ഒരു ജീവന് ഈശ്വരനോടടുക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്നു രാമായണം അങ്ങനെ തന്നെ ധർമ്മം തെറ്റാതെ ജീവിക്കുന്ന ഒരാൾക്ക് പ്രസ്തുത ധർമ്മനിഷ്ഠ ഒന്നുകൊണ്ട് തന്നെ ജന്മസാഫല്യത്തെ പ്രാപിക്കാമെന്നും കാണിച്ചു തരുന്നു ചിത്തശുദ്ധി വന്ന് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടായാൽ വെറും പ്രാകൃതനായ മനുഷ്യനും പക്ഷിമൃഗാദികൾക്ക് കൂടിയും ഈശ്വരത്വം പ്രാപിക്കാമെന്നും വ്യക്തമാക്കുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ലൌകിക നിയമങ്ങളെ തല്ലിത്തകർത്തുകൊണ്ടുള്ള ചില ചിത്രങ്ങളും രാമായണത്തിലുണ്ട് ആ ഇനത്തിൽപ്പെട്ടവയാണ് ബാലീവധവും സീതാപരിത്യാഗവും മറ്റും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഒക്കെ ലക്ഷ്യം വേദാർത്ഥങ്ങളുടെ വിശദീകരണമാണ് കഥാകോളങ്ങളിൽ കൂടെ സാധിക്കുന്നതും അതിനെയാണ് കഥകളായി രൂപം കൊള്ളുമ്പോൾ തത്വപ്രതിപാദനമായാലും ലോകനിയമങ്ങളിൽ കൂടെയെ ഒഴുകാൻ പറ്റൂ നിവൃത്തിയുള്ളതും അങ്ങനെ തന്നെ ചെയ്യുന്നു പുരാണ എന്നാൽ ഒരു കഥയിൽ നിലവിലുള്ള തത്വപ്രതിപാദനത്തിന് യോജിക്കാതെ വിലങ്കടിച്ചു നിൽക്കുന്നു ലോകനിയമം എന്ന് വന്നാൽ അതായത് തത്വപ്രതിപാദനത്തെയോ ലോകനിയമത്തെയോ ഏതെങ്കിലുമൊന്നിനെ ബലി കഴിക്കണമെന്ന് വന്നാൽ അപ്പോൾ തത്വപ്രതിപാദനത്തെയല്ല ലോകനിയമത്തെയായിരിക്കും തള്ളിക്കളയുന്നത് അതാണ് ബാലിവധാദികഥകളിൽ കാണുന്ന വൈരുദ്ധ്യം ഇങ്ങനെ ദാനാതരത്തിൽ അപാരങ്ങളായ നന്മകളുടെയും ഈശ്വര മഹിമയുടെയും അവസാനമില്ലാത്ത കലവറയാണ് അധ്യാത്മരാമായണം അതിന്റെ പുറമേ നോട്ടം നിർത്തി നമുക്കിനി അകത്തേക്ക് കടന്നു നോക്കാം